അശോജയാനി അനുശോചസ് അശോചന്മാരെ സംബന്ധിച്ചുള്ള പ്രതികളോട് കൂടി ചേർത്ത് അതെന്തിനാണെന്നെല്ലാം ഞങ്ങൾ എന്തിനും പറയാം ഇപ്പം ഈ ഭാഷ പറയും അശോചന്മാരെ സംബന്ധിച്ച് നീ ശോചിക്കുന്നു ദുഃഖിക്കുന്നു അശോചന്മാരെന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ചാണോ ദുഃഖം ആവശ്യമില്ല ദുഃഖിക്കേണ്ട ആവശ്യമില്ല ആരെക്കുറിച്ച് ഓർത്താണോ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അവരെ കുറിച്ച് നിയന്ത്രിക്കുന്നു പതന്തിരോഹിയേഷാം രക്തപിന്യകൾ നമ്മൾ പറഞ്ഞാലോ പതന്തിരോഹേഷാം രക്ത പിന്നോദക്രിയ എന്ന ചത്തു പോയാൽ പിതൃക്കൾക്ക് ഇത്തരം കർമ്മം ചെയ്യാനാണെങ്കിലാണ് ആണെങ്കിൽ നിരകത്തിയാനൊങ്ങിയ ദേഹാത്മ സ്വഭാവ പ്രജ്ഞാമ ദേഹത്തിന്റെ സ്വഭാവം ആത്മാവിന്റെ സ്വഭാവം എന്താണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് ആ അറിവിനെ കാരണം മരിച്ചു കഴിഞ്ഞാൽ നർഗത്തിൽ പോകും എത്ര പേർക്കൊന്നും ചെയ്തിരുന്നെങ്കിൽ എന്നറിയണവർ ദേഹ ദേഹം നശിക്കുന്നതാണ് ആത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയണം ആത്മാവ് നിത്യമാണ് എനിക്കറിയുന്നത് അറിവുള്ളവനാണ് എല്ലാവർക്കും ഇതറിയും മരിച്ചാൽ ആത്മാവ് ശേഷിക്കുന്നു എത്ര പ്രജ്ഞ ഇതൊക്കെ അറിയാമെന്നുള്ള നീ എന്ത് ചെയ്യും ദുഃഖിക്കുകയും ചെയ്തു അതേ അറിവ് പ്രകടിക്കുകയും ചെയ്യുന്നു ഇതാണ് ദേഹം നശിക്കുന്നു ആത്മാവും നശിക്കുന്നില്ല ഇതാണല്ലോ ഇത് പൊരുത്തപ്പെടുന്നില്ലാണെന്ന് ദേഹാത്മ സ്വഭാവജ്ഞാനോ തോകനിമിത്തമസ് ഈ യുദ്ധഭൂമി എന്ന് പറഞ്ഞിട്ട് ദേഹത്തിന്റെ സ്വഭാവം എന്താണ് ആത്മാവിന്റെ സ്വഭാവം എന്താണെന്ന് അറിയുന്നവനെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല എന്തുകൊണ്ട് ദേഹം നശിക്കുന്ന ആത്മവും നിത്യവും ഇനി പറയുന്നു അത് ഇതൊക്കെ അറിയുന്നവൻ ഇവിടെ ഇവരൊക്കെ മരിക്കും ഇവരെയൊക്കെ കൊല്ലും ഇവരൊന്നും കൊല്ലും ഇങ്ങനെ കരയേണ്ട യാതാവശ്യവും എന്താണു ദേഹാത്മ സ്വഭാവജ്ഞാനം എന്താണെന്ന് വെച്ചാൽ ദേഹത്തിന്റെയും ആത്മാവിന്റെയും സ്വഭാവജ്ഞാനം ഉള്ളവൻ അത്ര ഈ സന്ദർഭത്തിൽ കഞ്ചി ശോകനിമിത്തം ദുഃഖിക്കേണ്ട യാതും ഗദാസ് ദേഹാൻ അഗദ്ദാസു ആത്മനശ്ചാസ് പ്രതി പറഞ്ഞ ആത്മാക്കൾ അതിന്റെയൊക്കെ വിശദീകരണം ലേഖാനത്തിന് ഞാൻ പറയാം ഇപ്പൊ ഭാഷത്തിന്റെ ആശയം മാത്രം പറയുകയുള്ളൂ കാരണം എന്താണ് രാജാര്യർ പറയുന്നതെന്നാദ്യ മത്സരം പിന്നെ അതിനുള്ള വിചാരം അകദാസംബിച്ച് അദ്ദേഹം വെച്ച ആത്മാക്കൾ ഇത് രണ്ടിന്റെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും സ്വന്തം സ്വഭാവയാഥാത്മ്യ അതിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം യാഥാർത്ഥ്യവും യഥാർത്ഥ ജ്ഞാനം എന്നോചം ഒന്ന് ദുഃഖിക്കേണ്ടായിരുന്നില്ല അതൊയിപ്രതിഷിദ്ധം എന്ന അതുകൊണ്ടെന്നാണ് ബ്രൽ വിപ്രതിഷിദ്ധമായി പരസ്പര വിരുദ്ധമായാണ് കാണുന്നത് നിന്റെ ദുഃഖവും നിന്റെ പറച്ചിലും എല്ലാം പരസ്പര വിരുദ്ധമാണോ ഏതാൻ ഹനുഷ്യാണ് എന്റെ സൂചന എന്താണത് എന്താണ് പരസ്പര വൈരുദ്ധ്യം ഏതാൻ ഹനുഷ്യാണ് ഞാൻ എന്നുള്ള അനുശോചന ദുഃഖം ആത്മജ്ഞാനുള്ള ഭാഷ ദേഹാതിരിക്തമായ ആത്മജ്ഞാനം കൊണ്ടുവരുന്ന ധർമാധർമ്മങ്ങളെ കുറിച്ചുള്ള നിന്റെ സംഭാഷണം എന്താണ് ധർമ്മധർമ്മങ്ങളെ സംഭാഷണം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മരിക്കുന്നില്ല ആത്മാവ് കരലോകത്തോന്നും ആത്മാവ് കരലോകത്ത് പുണ്യകർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ സ്വർഗത്ത് പോകും പാപകർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ നിരകത്തിൽ പോകും അവരുടെ സന്താനപരമ്പര പുരുഷ പരമ്പര എന്ന് പറയും പുത്രാൻ പുത്രന്മാരെല്ലാം അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ അവര് നിരകത്തിൽ പോകും അപ്പോൾ അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അവരെല്ലാം ജീവിച്ചിരിക്കണം ഇങ്ങനെ ഒരു യുദ്ധത്തിൽപ്പെട്ട് എല്ലാം കൂട്ടത്തോടെ ഭരിക്കാൻ അത് ഇങ്ങനെ എന്താണ് ആത്മാവിനെ കുറിച്ച് ശരിയായ ബോധത്തോടു പുണ്യാപുണ്യങ്ങളെ കുറിച്ച് ധർമ്മധർമ്മങ്ങളെ കുറിച്ച് അത് നീ സംഭാഷണം ചെയ്യും ദുഃഖിക്കുകയും ചെയ്തു അപ്പൊ ആത്മാവിന്റെ ശരിയായ ബോധങ്ങളോട് എങ്ങനെ ദുഃഖിക്കണം ധർമ്മവും അധർമ്മവും ശരിയായി മനസ്സിലാക്കുന്നവരെങ്ങനെ ദുഃഖിക്കുന്നു അതോ ദേഹസ്വഭാവവും ആത്മാനം നിത്യം അതുകൊണ്ടെന്താണ് ഇതേന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം നീ ദേഹസ്വഭാവം ഇല്ല ദേഹം അനിത്യമാണെന്നുള്ള മനസ്സിലാക്കത്തില്ല അതിൽ നിന്ന് ഭിന്നമായി ആത്മാവ് നിത്യമാണെന്നുള്ള കാര്യം നീ ശരിക്കും മനസ്സിലാക്കുന്നില്ലെന്നാണ് ഭഗവാൻ അറിഞ്ഞോട് പറയുന്നത് അതുപോലെ പറയുന്നില്ല അതിരും ആത്മാനു ചരിത്രം മുതലും അതിരക്തമായ ആത്മാവിനെയും നിത്യമായ ആത്മാവിനെയും പിന്നെ തത്പ്രാപ്തി ഉപായൂതം യുദ്ധാതി ധർമ്മജ ആത്മജ്ഞാനപ്രാപ്തി ഉപായമായിരിക്കുന്ന യുദ്ധം പോലെയുള്ള ധർമ്മങ്ങൾ ധാദിക ധർമ്മം എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് ഓരോ ജാതികളുടെയും ധർമ്മമാണ് അർജുനെ സംബന്ധിച്ച് ക്ഷത്രിയ ഗുണത്തിൽ പറഞ്ഞോളണം ഒന്ന് അർജുനം ചെയ്യണം ആത്മജ്ഞാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം ഈ കാര്യം നിനക്കറിയില്ല അല്ല യുദ്ധത്തിൽ നിന്ന് പിന്തിരിയല്ല ചെയ്യണ്ട പറയും എന്താണോ തത് അതിരിക്ത ആത്മാനോജ നിത്യം മുമ്പ് പറഞ്ഞ എന്താണ് ദേഹാതിരിക്തമായ നിത്യമായ ആത്മാവിനെ അറിയുന്നില്ല അപ്പൊ ആ അറിവിനാണ് രണ്ടാമത് യേശ്വന്ന് പറയുന്നത് തത്ത് എന്ന് പറയുന്നത് എന്താണ് മുമ്പ് പറഞ്ഞ ആത്മാവിന്റെ നിത്യതയെ കുറിച്ചുള്ള ജ്ഞാനം അതാണ് ഇവര് പറയുന്ന ആത്മജ്ഞാനം അല്ല ശങ്കരായ പറയുന്ന ആത്മജ്ഞാനം അങ്ങനെ പശ്ചാത്തലമുണ്ടെങ്കിൽ പ്രാപ്തിക്ക് ഉപായങ്ങൾ ചെയ്യുന്ന യുദ്ധാധികം ധർമ്മജാതൊക്കെ അറിയില്ല പിന്നെ സംശയം വരേഖനാണ് ആത്മജ്ഞാന യുദ്ധമുണ്ട് ആത്മജ്ഞാനം ഉണ്ടാവുന്നത് അതിന് സമാനമാണ് യുദ്ധം രുദ്ധം ഫല അഭിസന്ധി രഹിതം ആത്മയാഥാത്മ്യം അപാപ്തി ഈ യുദ്ധം ഫലഭിസരഹിത ഫലാഗ്രഹം കൂടാ സ്വർഗത്തിൽ പോകണം ഇങ്ങനെയും ഇതാണ് സാധനം ഉണ്ടാകുന്ന ആഗ്രഹം മരുന്ന് ഇങ്ങനെയുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഇവിടെ ഭൗതിക അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകെ ആത്മയാഥാർത്ഥ്യവാ യാഥാർത്ഥ്യത്തെ റിയുന്നതിനുള്ള അപാപ്തിക്കുള്ള അല്ലെങ്കിൽ അറിയുന്നതിനുള്ള ഉപായത് എന്തത് യുദ്ധം പക്ഷെ യുദ്ധം ചെയ്തിട്ട് ആത്മജ്ഞാനം ഉണ്ടാവണം ഇത് ചങ്കരാചേ എന്നു പറയുന്നത് അല്ലാതെ ഇവിടെയെന്നോ അത്ര വ്യത്യാസം യുദ്ധം ചെയ്തിട്ടുണ്ടാവണം ആത്മബോധം ഒരു വ്യത്യാസമുണ്ട് എന്താണോ ആത്മബോധമില്ല ക്ഷത്രിയനാണ് എന്റെ കുലം അതാണ് അതുകൊണ്ട് അത് നിഷ്കാമമായി ആത്മബോധം ആത്മാ ജന്മം കൊണ്ട് നിലനിൽക്കുന്ന ഒന്നല്ല ശരീരം പോലെ ശരീരം എന്ന് പറയുന്നത് എന്താണോ ജന്മം കൊണ്ട് ആത്മാ ജന്മ അധീന സദ്ഭാവം ജന്മത്തിന് അധീനമായ സദ്ഭാവവും ഉള്ളതല്ല എന്ന മരണാധീനം നാശിച്ചു ആത്മാവെന്ന് പറയുന്നത് മരണം കൊണ്ട് മരണാധീനമായ നാശമാണ് തസ്യ ജന്മ മരണയുടെ ഭാഗമാണ് എന്തുകൊണ്ട് ആത്മാവിന് ജനനമില്ല മരണമില്ല അത് സ്ഥലം അതുകൊണ്ട് എന്താണ് ആത്മാവരിക്കലും ശോകത്തിന് വിഷയമുണ്ട് വിഷയം ആത്മാവുമ്പോൾ ചോർത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യം ദേവസ്വ പരിണാമ സ്വഭാവ തസ് ഉത്പത്തി വിനാശ യോഗ സ്വാഭാവിക ദേവത്താണെങ്കിലോ അചേത ടമാണ് പ്രത്യേകമാണ് പിന്നെ പരിണാമ സ്വഭാവമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ബാല്യ യൗവനം വാർത്തയ്ക്ക് അതാണ് പരിണാമം ഉത്പത്തി വിനാശ യോഗ സ്വഭാവികൾ അതിന്റെ ഉത്പത്തി വിനാശ സംബന്ധം ഉത്പത്തി വിനാശം എന്ന് രണ്ടിലും ദേഹത്തോടാണ് സംബന്ധം അത് സ്വാഭാവികമാണ് അതിന്റെ സ്വഭാവമാണ് ഇത് സ്വാഭിനി അതും ദുഃഖത്തിന്റെ വിഷയമല്ല എന്നുണ്ടാവും നശിച്ചുണ്ടാവും നശിച്ചു വിദ്യഭിപ്രായ കായതാണ് ഭഗവാന്റെ പ്രായമാണ്ജായ ആവശ്യമുള്ളത് വ്യക്തമാണ് ആശയം മുടങ്ങുന്ന വ്യക്തമാണ് എന്റെ വ്യാഖ്യാ ഈ ഭക്ഷ്യത്തിൽ വരുന്ന നിരവധി അത് ഞാൻ ഭാഷയത്തിൽ ചർച്ച ചെയ്തിട്ടില്ല കാരണം ഭാഷ്യത്തിന്റെ ആശയം എന്തെന്ന് നമ്മൾ ആദ്യം മനസ്സിലാകണം പിന്നെ അതിൽ വരുന്ന പ്രശ്നങ്ങൾ സമാധാനം ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ സമാധാന മനസ്സിലാക്കുന്ന വികുന്ന എല്ലാവർക്കും യോഗ്യത ഉണ്ടാവണമെന്നില്ല ശേഷി യോഗ്യത ശേഷി പക്ഷെ അതുകൊണ്ട് ഭാഷ്യം മനസ്സിലാകാതിരിക്കരുത് അതുകൊണ്ടാണ് ആദ്യം ഭാഷ്യത്തിന്റെ ആശയം മാത്രം പറഞ്ഞത് പ്രശ്നങ്ങളും അതിന്റെ സമാധാനങ്ങളും അതെല്ലാം പറ്റുമെന്നുള്ളവർ മനസ്സിലാക്കുക എന്ന് എനിക്ക് പറയാം എല്ലാവർക്കും മനസ്സിലായാൻ അതൊക്കെ വ്യാഖ്യാതാവ് വിശദമായി ചർച്ച ചെയ്യുക അപ്പൊ പോകും ഭാഷ അതിന്റെ ആശയങ്ങളിലും കുറിച്ച് വരുന്ന ചർച്ചകൾ ഇപ്പൊ ബാക്കിയത് വിചാരിച്ച മനസ്സിലായെങ്കിൽ ജില്ലാ ഭക്ഷ്യം മനസ്സിലാക്കും എല്ലാം പറഞ്ഞു രണ്ടു കൂട്ടർ ദിവസമാണ് അതില് പ്രധാനമായ ഭാഗങ്ങൾ വായിക്കാം വ്യക്തങ്ങളൊന്നും ശ്രദ്ധിച്ച ും പ്രതിന് ശബ്ദമില്ല ഭാഷകാരങ്ങൾ ചേർത്ത് അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം അത് ചേർത്തില്ലെങ്കിൽ അശോചാൻ അന്വോചിക്കേ കേ അങ്ങനെ കേൾക്കുന്ന ഒരു അർഹം അർത്ഥം തോന്നണം എന്നാണ് പറയുന്നത് അങ്ങനെ തോന്നുമോ എന്ന് ചോദിച്ചാൽ തോന്നുന്നു അർത്ഥം തോന്നുമല്ല പണ്ഡിതന്മാർ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കും അത്രയോ എന്താണ് ചില അശോചിച്ചന്മാര് എന്ന് വെച്ച ആരെ കുറിച്ചാണോ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആൾക്കാർ അവര് ശോചിക്കുന്നു എന്നൊരർത്ഥം അവരെക്കുറിച്ച് ശോചിക്കുന്നു എന്നല്ല പിന്നെന്താണോ അവര് ശിക്ഷിക്കുന്നു എന്നുള്ളത് അശോച്യാഹ എന്നിത്രയും പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു അർത്ഥം വരാം കാരണം അവിടെ എന്തിനും അശോച്യാഹ ശ്വചന്തി എന്നൊരു ക്രിയെ അങ്ങോട്ട് അധ്യാപരിച്ചിട്ട് അതിനോട് അന്വേഷിക്കുന്നു അശോത്യാവ ശ്വചന്തി വിഷു ദ്രോണാലികളെല്ലാം ദുഃഖിക്കുന്നു അങ്ങനെ ഒരു അർത്ഥം ഉം ആ ദ്വിതി അശോച്യാഹ സംഭാഷ് അത് അടുത്ത് പറയുന്നു ഇതിപ്പോ അശോച്യന്മാർ ശോചിക്കുന്നു എന്നൊരർത്ഥം വരാം എന്ന് പറയുന്നത് പിന്നെ അടുത്ത് എന്താ സംഭവിക്കുന്നത് തദനന്തരം അതിനുശേഷം അയമഭി ശോചന്തി വിഷ്ണുദ്രോണാദികൾ ദുഃഖിക്കുന്നു അത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു അർജുനനും ദുഃഖിക്കുന്നു മനസ്സിലായോ ഏ ഇനി പറയുന്നതൊക്കെ എന്താണോ ഇത് ഭ്രാന്തി ഈസിയാകും അങ്ങനെ ചിലർക്ക് ആർക്കെങ്കിലും വിഭ്രാന്തി ഉണ്ടാവാം മനസ്സിലായത് അങ്ങനെ ഒരു ഭ്രാന്തി ഉണ്ടാവാം അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞാൽ അത് ശരിയല്ലെന്നാണ് അവിടെയും പറയുന്നത് തന്ത് വൃത്തിയായിരുന്നു അപ്പം ആരുടെയോ ഉപയോഗം ഭ്രാന്തിയോ നിവർത്തിക്കുന്നതിന് വേണ്ടി എന്താണ് അശോസ്യാനുപ്ര അശ്വതിയാനി പ്രതി എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ പ്രതി ചേർത്തുന്നതാണ് ഇതിനാണ് അതിവ്യാഖ്യാനം എന്ന് പറയും വ്യാഖ്യാനം കസർത്തെന്ന് പറയും ആവശ്യം കൂടെ എന്താ പിന്നെ പ്രതി ചേർത്തപ്പോ എന്ത് ചെയ്യുന്നു ഒരു കസർത്ത് ഈ കസർത്ത് കാണിക്കുന്നു പറയുന്നത് എവിടേക്ക സ്ഥിരം തൊഴിലാണ് എല്ലാചാര്യ മോശം ശങ്കരാചാര്യത്തിലുള്ള അനുവാദം പരസ്യമായി കൊടുത്തിട്ടുണ്ട് ിടയ്ക്ക് ഞാനൊരു സനാതനധർമ്മവാദിയുടെ പ്രഭാഷണം കേട്ടു ശങ്കരാചാര്യന്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ് സങ്കരാചാര് പറയുന്നത് അഗ്നി തണുത്തതാണെന്ന് വേദം പറഞ്ഞാലും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ പറയുന്നത് നമ്മുടെ അനുഭവത്തിന്റെ യുക്തിക്ക് നിറക്കുന്ന നിരക്കാത്ത കാര്യങ്ങൾ വേദം പറഞ്ഞാലും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ എന്നാണ് മഹാ മഹാമഹാമഹ ആണിശങ്കര സനാതനധർമ്മത്തിന്റെ ഒരു ആണിക്കല്ല ഇതൊക്കെ ഇവരെ ട്രെയിൻ ചെയ്ത് ഇവിടെ നിന്നാണ് ഈ പറയുന്നത് ഈ പറയുന്നതും ശരി ചങ്കരാചര് അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഉണ്ടോ എവിടെ പറഞ്ഞു ഇതേ ഗീതാ ഭാഷത്തിൽ തന്നെയാണ് അഭ്യർത്ഥിക്കും തണുപ്പാണെന്ന് പറഞ്ഞു ഇത് ചങ്കരാചര് മാത്രമേ ഉള്ളൂ പറയുന്നത് മിക്കവാറും ഈ പരമ്പരയിലുള്ള എല്ലാ ആചാര്യന്മാരും എവിടെയെങ്കിലുമൊക്കെ പറയും വായ്പ മിശ്രം പറയുന്നു ഘടം പടയിക്കുന്ന ഈശ്വര സംഗ്രഹം പറയുന്നു പ്രാമാണ്യം എന്ന പ്രാമാണി വിവിധ ഭാഷകൾ പറയുകയുള്ളൂ വേദം പറയാണ് ഘടം പടമാണെന്ന് നമുക്ക് സ്വീകരിക്കാൻ പറയുന്നു പക്ഷെ ഇവരെല്ലാം തന്നെ ഈ വ്യാഖ്യാന എന്താണോ അത് കഴിഞ്ഞെന്താ പറയുന്നത് എന്നുള്ളത് ഇവരെ പഠിപ്പിച്ചു വിട്ടിട്ടില്ല ബ്രെയിൻ വാഷ് ചെയ്തപ്പോ അത് പറഞ്ഞില്ല അത് കഴിഞ്ഞ സംഗ്രഹത്തിൽ എന്താ പറയുന്നത് പിന്നെ ഈ വേഗത്തിൽ എവിടെയെങ്കിലും അഗ്നി ശീലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് തൊട്ടടുത്ത് പറയുന്നത് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ പറഞ്ഞതിന്റെ അർത്ഥം അതെല്ലാം നിങ്ങൾ വ്യാഖ്യാനിച്ചോണോ എന്നാണ് മനസിലായി എവിടെയെങ്കിലും വേദത്തിൽ പറയുന്നു പറയുന്നു അഗ്നിശീലമാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഏ നിങ്ങളതിനെ മറിച്ചു വേഗം ചെയ്യണം അതിന് വേറെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ ഈ രണ്ടാമത് പറയുന്നത് അർത്ഥം എന്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വേദത്തിൽ വന്നാലും അവിടേക്ക് നിങ്ങൾ യുക്തി ഉപയോഗിക്കേണ്ട എന്തിനാണ് ആ പറയുന്നത് ശരിയാണോ തെറ്റാണോ നോക്കാനല്ല വേദത്തിന്റെ പ്രാമാണ്യത്തെ സമർത്ഥിക്കാനാണ് അതുകൊണ്ട് എന്ത് അസംബന്ധം പറഞ്ഞാലും നിങ്ങൾ യുക്തി കൊണ്ട് എന്ത് ചെയ്യണം അതിനെ ശരിയാക്കിയെടുക്കണം എന്ന് വെച്ചാ അവിടെ നിങ്ങൾ പ്രയോഗിക്കേണ്ടത് നിങ്ങളുടെ വ്യാഖ്യാന കസർത്താണ് അഗ്നി ശീതമാണെന്നു പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല വേദത്തിന്റെ വ്യാഖ്യാനം മൊത്തം മുഴുവൻ സ്ഥലത്തും ഇതാണ് കാരണം പരസ്പര വിരുദ്ധങ്ങളായ ഒരുപാട് അസംബന്ധങ്ങൾ അത് പറയും ആ പറയുന്നതൊക്കെ ഇവര് വ്യാഖ്യാനൊക്കെ അസർന്നു എല്ലാ അസംബന്ധങ്ങളും ശരിയാണെന്ന് സംബന്ധിക്കും കാരണം എന്റെ അർത്ഥം ഇതെല്ലാം വേറെയാണെന്ന് പറയും അത് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ബുദ്ധിക്ക് അസർത്തുവെന്ന് എന്തു ചെയ്യും വേദത്തിന്റെ പ്രാമാണ്യം ഉറപ്പിക്കണമെന്നാണ് ഈ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അല്ല വേദത്തിന്റെ പ്രാമാണം എവിടെയെങ്കിലും നഷ്ടപ്പെടും ഇതാണ് തൊട്ടടുത്ത് പറയുന്നത് പക്ഷെ അത് ബ്രീൺ വാഷിയെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവരിതിന്റെ പ്രഭാഷകന്മാരായിട്ടാണ് ഇത് അത് ശങ്കരാചാര്യത അല്ല ഇത് ജെമിനുമാര് കുമാരലഭട്ടന്മാര് പ്രഭാകരവന്മാര് ഭർത്തസാരിശ്രം തുടങ്ങി ഇങ്ങോട്ട് എത്ര പേരുണ്ടോ എല്ലാവരുടെ എഴുത്തിലും ഇതുണ്ട് ആസ്തിക സമ്പ്രദായത്തിൽ മുഴുവൻ തർക്കന്മാരും സംഗീതന്മാര് എല്ലാവരും വിദേശീയ വേദത്തിന്റെ കാര്യം ഒരുമിച്ച് അതില് പ്രത്യക്ഷ വിരുദ്ധമോ അനുഭവ വിരുദ്ധമോ യുക്തിക അതിനൊക്കെ എന്തർത്ഥമാണോ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥത്തെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഒരർത്ഥം പറഞ്ഞിട്ട് വേദം പ്രമാണമാണെന്ന് പറയും അങ്ങനെ ചെയ്യണമെന്നാണ് ചന്ദ്ര ആവശ്യം അതിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് ആരെയും കുറ്റം പറയുന്നതിന്റെ അർത്ഥം ഇത് ഇവരുടെ എല്ലാവരും ശൈലിയാണ് ഈ ഒരു സത്യം തുടർന്ന് പറയണമെങ്കിൽ എന്ത് വേണം ഇത് വേണം ബുദ്ധിയിലൊരൽപ്പം വെളിച്ചം വേണം പിന്നെ നഷ്ടബോധമില്ലാത്തവനായിരുന്നു മനസ്സിലായി നഷ്ടബോധമില്ലാത്തവനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാവുന്നു ആ അത് കറക്റ്റ് ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിൽ നേടുന്നതൊക്കെ നഷ്ടപ്പെടുത്തി വരുന്നു പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള ബോധം പോകും അതൊരു വലിയ നേട്ടമാണ് അവളെ നഷ്ടപ്പെടുത്തി സ്വയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റാരെയും നഷ്ടപ്പെടുത്തുന്നതല്ല നേടേണ്ടെന്ന് തരുന്നതിനേക്കാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നഷ്ടബോധം ഉണ്ടാകുന്നത് നഷ്ടബോധം ഉണ്ടെങ്കിൽ പിന്നെ എന്തുവരും ഒരു ധൈര്യം അവളെ വരെ പറയാൻ ഞാൻ വിജയം തന്നെ പറയുന്നത് ഇത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണമെന്ന് ഞാൻ പറയാം ഇതാണ് ഇതിന്റെ ശൈലി വിധുവിന്റെ പരശബ്ദാർത്ഥം ഇതാരാ പറഞ്ഞിരിക്കുന്നത് ഏ പ്പന്മാരാണ് അവർ പറയുന്നത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ നരസാർത്ഥം ലക്ഷ്യാർത്ഥം ഗുണമാണെന്ന് ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും എടുക്കരുത് മനസ്സിലായത് ഇതവട്ടു കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ദോഷമൊന്നും ഒരാൾക്ക് എന്തർത്ഥം എടുക്കണം ഇതിനെ ആർക്കും പറ്റില്ല മനസ്സിലായത് അതുകൊണ്ടാണ് രണ്ട് പ്രസിദ്ധമായ വാദങ്ങൾ നടക്കുന്നത് അന്യാനുപാത്തി താത്പര്യാനുഭൂത്തി കുറച്ച് നിങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ഇതിലാണ് ദീപിക അപ്പൊ ഇങ്ങനെ ചില യുക്തികൾ ഉപയോഗിച്ചിട്ട് അന്യാനുഭൂത്തി താത്പര്യാനുഭൂത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കൂടാണ് ലക്ഷ്യാർത്ഥ തേടുന്നത് ഇത് ചെയ്യരുതെന്നാണ് വിധു എന്ന ശ്രദ്ധാർത്ഥം അപ്പൊ അങ്ങനെ നിങ്ങൾ എന്താ അതെടുക്കാമെന്ന് നൈകഴിഞ്ഞാൽ പിന്നെ എല്ലാ വിവരം ഇവര് ചെയ്യുന്നവരെ ഇപ്പൊ ഇവിടെ തന്നെ ചേരാ ഈ ആചാര്യന്മാർ ചെയ്യുന്നവരെ അവരവരുടെ ഉള്ളിലിരിക്കുന്ന സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി എന്തു ചെയ്യും അവരവരവർക്ക് ഇഷ്ടമുള്ള അർത്ഥങ്ങളെടുക്കും അതുകൊണ്ട് ജൈമിനിയുടെ അഭിപ്രായത്തിലോ അല്ലെങ്കിൽ കുമാരൻ ഭട്ടലിന്റെ അഭിപ്രായത്തിലോ ഇവര് ഈ പറയുന്ന അർത്ഥമൊക്കെ പരമാബദ്ധമാണ് ഇതൊന്നും മേഥാർത്ഥമാണ് ഇതൊന്നും മേഥാർത്ഥമാച്യാർത്ഥം പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഈ പറയുന്ന അവധവണം മനസ്സിലാക്കി എന്താ നഷ്ടം പ്രശ്നം തീർന്നു തന്നെ ഇതിലെന്താ ഇത്രയും തരവാകുന്ന കാര്യം പോട്ടെ അനെന്താ കുഴപ്പം നിങ്ങളെന്തിനാ ആരുടെങ്കിലും പ്രാമാണ്യത്തെ ന്യായീകരിക്കാൻ ന്യായീകരണ തൊഴിലാളികൾ എന്തിനാകണം നിങ്ങളുടെ ലക്ഷ്യം ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണോ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക നിങ്ങൾ വേറെ ആരുടെയെങ്കിലും എന്താണ് ഏതെങ്കിലും സമ്പ്രദായങ്ങളെയോ ആരുടെയെങ്കിലും വികലമായ സിദ്ധാന്തങ്ങളെയോ ന്യായീകരിക്കുന്ന തൊഴിലാളികളെയോ മാറേണ്ട ആവശ്യം എന്തോന്നു നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ സത്യസന്ധതയാണ് നഷ്ടപ്പെടുന്നത് പിന്നെ അത് ചെയ്യുന്നത് തത്വ ഇന്ത്യയിലല്ല ഇതിന്റെ എവിടെയാണോ രാഷ്ട്രീയത്തിൽ അവിടെ നിങ്ങൾ ഇങ്ങനെ കീ ചെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചില്ലറ കിട്ടും നിങ്ങൾക്ക് കിട്ടും ബൈബിളിൽ പറയുന്നു എന്താണ് യജമാനന്റെ ടേബിളിന്റെ അടിയിലൊക്കെ നയിക്കും എന്താണ് അവൻ കഴിക്കുന്നതിന്റെ വല്ലതും ഒക്കെ കിട്ടും അവൻ കഴിക്കുന്നത് വളരെ നല്ല എന്താണ് മുള്ളില്ലാത്ത മാസമാണെങ്കിൽ താഴെ കിടക്കുന്ന നായികം കിട്ടും കുറച്ചു മൂടുകൾ കിട്ടും അതല്ല അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റും ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകില്ല അങ്ങനെ ഒരു നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചത് എന്താണോ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്തോന്ന് മനസ്സിലാക്കാനോ അല്ലാതെ ഇതിന് വരുന്ന എന്താണോ ഏതെങ്കിലും മുൻവലിയോട് പോയി ഇതിൽ വരുന്ന എന്തെങ്കിലും കള്ളത്തരങ്ങളെ ന്യായീകരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാകുകയൊക്കെ ചെയ്യുക പക്ഷെ അവരുടെ അടുക്കാൻ ആദ്യം പറഞ്ഞു എന്താണോ നഷ്ടപ്പെടുത്തിയവൻ എന്താണോ ഒരിക്കലും നഷ്ടബോധം ഇല്ല അവരൊന്നും ഒന്നും ഭയങ്കര പിന്നെ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം അവിടെ അടവ് നയങ്ങളെല്ലാം സ്ഥിതി രണ്ട് രണ്ട് കാര്യങ്ങളും മനസ്സിലായ ഞാൻ പറഞ്ഞു മനസ്സിലായ അല്ല പിന്നെ നിങ്ങൾ യോജിക്കുന്നോണ്ടത് അല്ല ഞാൻ ചോദിക്കുന്നത് യോജിക്കാതിരിക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാൻ പറയുന്നു മനസ്സിലാക്കുന്നുണ്ടോന്നാണ് അതെ യോജിക്കുക യോജിക്കായിരിക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാൻ പറയുന്ന എന്താണോ അത് മനസ്സിലാക്കുക എന്നാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തള്ളിക്കളയുക ണ്ടാവും എന്ന് പറയുന്നില്ല അന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് അതായത് ഈ ചോദ്യം കൂടെ ഞാൻ പറയും കാരണം ഈ ആൾക്കാരെ നിരന്തരത്തി രാവിയല്ല എന്താണ് എന്താണ് അവിടെ ചോദിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാവുന്നില്ല സാമിയെന്നൊക്കെ പറയും പലരും എന്നോട് പറയുന്നത് ചോദിക്കുന്ന ഇതാണ് ഇനി ഞാൻ ചോദ്യം കൊടുക്കുന്നത് ശ്രമിക്കാം വാക്ക് കരുതുന്നത് അത് ഞാൻ ഈ എന്താണോ ആരെങ്കിലും അർത്ഥം പറയുന്ന എനിക്ക് ശരി പറയുന്ന ഒരു വ്യഗ്രതയല്ല അപ്പോ ഞാൻ പിന്നെ ചോദ്യമൊന്നും പറയാൻ പോകുന്നില്ല എനിക്കത് ഏ ഈ എന്റെ പിന്നെ ബ്രെയിൻ എന്ന് പറയുന്നത് അല്ല കൊക്കോ കോളയുടെ കുപ്പി പോലെയാണ് അത് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പതഞ്ഞോണ്ടിരിക്കും അതുപോലെ എന്റെ ബ്രെയിൻ പണികളെ എപ്പോഴും ഇങ്ങനെ പതഞ്ഞോണ്ടേയിരിക്കും അല്ല മയക്കും ഇമ്പോർട്ടൻ നോക്കി വെച്ചാൽ ചോദിക്കും അത് വൃദ്ധം പറയുന്ന എനിക്ക് ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു പുറത്തു അത് നിങ്ങൾക്ക് അത് പൊത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ പൊട്ടിച്ചിട്ടില്ല പക്ഷേ വിടുവന്നിരിക്കുമ്പോ അതിന്റെ അടപ്പ പൊട്ടിക്കുകയാണ് അപ്പോ അതുകൊണ്ട് എനിക്ക് അവളെ ക്ഷമ എനിക്ക് നഷ്ടപ്പെട്ടു എനിക്കെന്നറിയ അത് അടപ്പ് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഞാൻ ക്ഷമയോ നോക്കും അടപ്പിളക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അപ്പോ ചോദ്യം ഇതാണ് ഓരോ പുസ്തകത്തിൽ ഏതെങ്കിലും ഭാഗത്തിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുസ്തകം മുഴുവൻ അബദ്ധമാകത്തില്ലായിരുന്നു അതല്ലേ ചോദിച്ചു ആ അതും ഇരിക്കലല്ലേ എന്തുകൊണ്ട് കാരണം എന്താ നമ്മളെപ്പോഴും മനസ്സിലാക്കണം എവിടെയാണോ അറിവീരിക്കുന്നത് അവിടെ തന്നെയാണ് എന്തിരിക്കുന്നത് അറിവില്ലായ്മ എന്തുകൊണ്ട് മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെയാണ് എന്തിനുമുണ്ട് നിങ്ങളിലുമുണ്ട് അറിവുമുണ്ട് അറിവില്ലായ്മയുണ്ട് അപ്പോ ഒരാൾ ഒരു പുസ്തകം വിചാരിച്ചാൽ അയാളുടെ അറിവില്ലായ്മ ഇല്ലെന്ന് അർത്ഥമില്ല അയാളുടെ അറിവ് വേദന അറിവില്ലായ്മ വരും നമ്മുടെ ജോലി എന്താണ് ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി അതിൽ നിന്ന് നമുക്ക് ബോധിക്കുന്ന കാര്യങ്ങൾ എടുക്കുക ബോധിക്കാത്ത കാര്യങ്ങൾ വിട്ടുകളയുക പിന്നെയാണ് സയന്റിഫിക് മെത്തേഡ് എന്നുള്ളത് അത് ശാസ്ത്ര പഠനത്തിന് വേണം മറിച്ച് പറയുന്നത് എന്താണ് സമ്പ്രദായം എന്തൊക്കെ അവർ പറഞ്ഞുവെച്ചിരിക്കുന്നു അതെല്ലാം തെളിയിച്ചു കൊണ്ടുകൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ ഈ നമ്മൾക്കുള്ള ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കണം ഭൂതകാലത്തിന്റെ നന്മയറിയണം തിന്മയെ ത്യജിക്കണം പക്ഷെ ഭൂതകാലം എന്ന് പറയുന്ന ഒരു ഭൂതമായി നമ്മളെ ആവേശിക്കാൻ പാടില്ല മനസ്സിലാക്കി ഭൂതകാലം ഭൂതമായി അവസിച്ചു കഴിഞ്ഞാൽ എന്റെ അതിനനുസരിച്ച് കൊള്ളുന്നുണ്ട് ഭൂതാവേശം പ്രേതാവേശം ഒക്കെ ബാധിച്ചവരെ കണ്ടിട്ടില്ല അതുപോലെ വിളിക്കൊണ്ടിരിക്കും അത് വേണ്ടെന്നാണ് കാരണം ഞാൻ ഈ കാലത്ത് ജീവിച്ചിരിക്കും അപ്പോ ഇന്ന് ഞാൻ പറയുന്നൊക്കെ നാളെ തെറ്റായിരിക്കും ആയിക്കോട്ടെ എനിക്കിപ്പോ എന്താണ് എന്റെ ഇന്നത്തെ കാലത്തിന് എന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അത്ര എന്നെ കൊണ്ട് സാധിക്കും അത്രയും ചെയ്യുന്നു ഭാവി ഇന്നതൊക്കെ തെറ്റാണെങ്കിൽ ആയിക്കോട്ടെ എനിക്കെന്ത് പ്രശ്നം അത് ഞാനുണ്ടല്ലോ അപ്പോ നമ്മളെന്ത് ചെയ്യണം എന്റെ എന്റെ കാര്യത്തിൽ നമ്മളിപ്പോഴും നമ്മളെ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ തന്നെ തിരിച്ചുകൊണ്ടേയിരിക്കും അല്ലാതെ എന്താണ് ഭൂതകാലത്തിൽ നമ്മളെ തന്നെ പൂർണമായും കെട്ടിക്കളയുക ബന്ധിച്ച് കളയുക അങ്ങനെ വരുമ്പോഴാണ് ഈ ആചാരങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഒക്കെ കുരുക്കിൽപ്പെട്ടിട്ട് ജീവിതം പഴക്ക ലോകത്തിനുപത്തിനുണ്ടാക്കുന്നു അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം തിരുത്തണം നമുക്ക് ജൈമി പറഞ്ഞതും മരണവട്ടം പറഞ്ഞതും ഒക്കെ തെറ്റാണ് ഈ ശങ്കരാചാര്യര് പറയുന്നു തെറ്റെന്ന് തോന്നിച്ചല്ലേ അപ്പൊ ഇവരെല്ലാം ഇത് ഏതാ സമ്പ്രദായം ഇവരാരെങ്കിലും ശങ്കരാചാര്യ സമ്പ്രദായത്തിൽ ബോധമൻ പെടുന്നുണ്ടോ കണാദം പെടുന്നുണ്ടോ നൈവിന്യപ്പെടുന്നുണ്ടോ എന്നൊന്നും എത്രയോ വേറെ രീതിയിൽ ആരെങ്കിലും ശങ്കരാചാര്യ സമ്പ്രദായത്തിൽ പെടുന്നുണ്ടോ ഇവർ മുഴുവൻ നിഷേധിക്കില്ലേ വാശിയോടുകൂടി എങ്കിലും കപിലനെപ്പോ അവർക്ക് തെറ്റെന്ന് തോന്നുന്നവര് തിരുത്തുന്നില്ല നമുക്ക് എന്തുകൊണ്ടാണ് ബോധം ഉണ്ടാവത്തില്ല മനസിലായോ ഞാൻ പറഞ്ഞു ഉം ഉം എന്താണ് ഉം ഉം ഏ ഉം ഉം ഉം ഉം അപ്പോ അതായത് ഞാനീ പറഞ്ഞതുപോലെയാണ് പറയുകയാണെങ്കിൽ അർദ്ധജനതീയന്യായം വരും എന്നുള്ളതാണ് അർദ്ധജനതീയന്യായെന്ന് വെച്ചാൽ അതല്ല മനസ്സിലായത് അർദ്ധ ജനതീയന്യായം എന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളെ നിങ്ങൾ ഒരേ സമയം ഒരിടത്ത് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് അർദ്ധ ജനതീയന്യായം ഞാൻ പറയുന്നത് ഇപ്പൊ പറയുന്നത് എന്നും പറയുന്നതും പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഏതാണോ യുക്തിക്കും അനുഭവത്തിനും നിരക്കാത്തതിനെ തള്ളിക്കളയണമെന്നാണ് യോജിപ്പിക്കണമെന്ന് പറയുന്നതാണ് അർത്ഥ ജനതീയന്യായം അതിനൊരു ഉദാഹരണം പറയേണ്ടത് ഒരു സ്ത്രീയെ കുറിച്ച് പറയേണ്ടത് ആ സ്ത്രീയുടെ ശരീരത്തിന്റെ പകുതി യുവതിയും പകുതി വൃദ്ധയുമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും അപ്പൊ നമ്മുടെ ശാസ്ത്രങ്ങൾ തന്നെ ഉദാഹരണം വന്നിട്ട് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നതിന് വിരോധമായി മറ്റൊരു ഭാഗത്ത് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ആ വൈരുദ്ധ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം തള്ളിക്കളയാണ് അതിനാണ് ബ്രഹ്മസൂത്രത്തിലുള്ള ഒരു അധ്യായം തന്നെ എന്താണ് വിരോധ പരിഹാരം വിരോധങ്ങളെ പരിഹരിക്കണം അപ്പോൾ അത് അർദ്ധജനതീയന്യായം എന്നുള്ള യാതൊരു ബന്ധവുമില്ല ഞാൻ ഈ പറയുന്നതായിട്ട് പിന്നെ നിന ഇനി മറുവശവും മറുവശന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ ഒരു സിദ്ധാന്തം വെച്ചിരിക്കുകയാണ് ആ സിദ്ധാന്തം എന്തെന്ന് വെച്ചാൽ എന്റെ സിദ്ധാന്തം ഞാനിപ്പോ ബി ജെ പി ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്നൊരു സിദ്ധാന്തം വെച്ചു കഴിഞ്ഞാൽ എന്റെ നേതാക്കന്മാര് ചെയ്യുന്ന എല്ലാ അന്യായങ്ങളെയും ഞാൻ എന്തു ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ചെയ്യുന്നു ഇതുപോലെ ഒരു തത്വചിന്തകൻ എന്താണ് എന്തെങ്കിലും ഒരു സിദ്ധാന്തത്തെ രൂപീകരിക്കുകയും ആ സിദ്ധാന്തങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും തൻ്റെ സിദ്ധാന്തം എന്നുള്ള നിലയ്ക്ക് മനസ്സിലായി അതിന് ന്യായീകരിക്കുക സു ആ വിരോധങ്ങളെ തള്ളിക്കളയുകയല്ല ആ വിരോധങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഒരു മറുവശമാണ് അപ്പൊ അങ്ങനെ വിരോധങ്ങൾ വരുന്നിടത്ത് നമ്മൾ അതിനെ എന്തു ചെയ്യണം തള്ളിക്കളയണം ആ സ്വീകരിക്കാൻ പറ്റും തള്ളിക്കളയാനേ പറ്റും ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ മനസ്സിലായു ക്ഷീര നീരന്യായം എന്ന് പറയും വെള്ളവും പാൽ കളർത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഇത് പാലെടുക്കുക വെള്ളത്തിൽ കളയുക അങ്ങനെ ചെയ്യണമെന്നാണ് പക്ഷെ ആചാര്യന്മാരങ്ങനെ ചെയ്യാറില്ല കാരണം എന്തുകൊണ്ട് സിദ്ധാന്ത ദുർവാശി കാരണം സിദ്ധാന്തം എന്റേതാണ് അപ്പോൾ ആ സിദ്ധാന്തം ഇത് എന്റെ പാർട്ടിയാണ് അപ്പൊ അവരെന്ത് ചെയ്താലും എനിക്ക് അതിനെ ന്യായീകരിക്കും അത് കൂടെ അത് അത് സ്വീകരിക്കാൻ പഴയ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവര് ഈ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ഇവര് എല്ലാവരും കൂടെ ഒരു സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ വര് എന്താ ചെയ്യുന്നു പരസ്പരം കണ്ണിക്കാനേ ശ്രമിക്കും അല്ലെ എല്ലാവരും കൂടെ കൂടി ഒരു സമന്വയാത്മകമായ സിദ്ധാന്തം എന്തെങ്കിലും സമന്വയിപ്പിക്കാൻ അവർ ശ്രമിക്കില്ല അവർ പരസ്പരം കണ്ണിച്ചുകൊണ്ടേ ഇനി എന്താണ് പുതിയ ചോദ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ലാരിഫിക്കേഷന അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഭ്രാന്തി ഉണ്ടെന്നെങ്കിലും വ്യാഖ്യാനം വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു ആശ്വസിച്ചു എന്നിട്ട് അശോക്യന്മാരെ സംബന്ധിച്ച് നീശോധിക്കാം തന്തോച്ച അന്വശോച ഇത് ലങ് പ്രയോഗം അനുപന്നത ശോകനത്ത ഇവിടെ ഭാഷാ പ്രശ്നം ശരിക്കും ഇതൊരു പ്രശ്നമല്ല പ്രശ്നം എന്ന് പറയുന്നതാണ് അന്വോച ശോക എന്ന് പറയുന്ന ധാതുവിന്റെ അനുപൂർവത്തിലുള്ള ലങ് ലങ് ആണ് പഠിച്ചിട്ടുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പുള്ള കാര്യങ്ങളെ ലങ്ങ് ഉപയോഗിച്ച് പറയാൻ പാടുള്ളൂ അന്വേഷോ പഠിച്ചിട്ടുണ്ടപ്പോ ഇപ്പൊ ശോചിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല അന്വേഷിച്ച ശോചിച്ചു എന്നാണ് അവര ശോചിക്കുന്നുണ്ട് ഇത് ഈ പറയുന്ന പാണിന്യയുടെ വ്യാകരണം അനുസരിച്ചിട്ടാണ് പണനിയുടെ വ്യാകമനുസരിച്ച് ഇങ്ങനെ പറയുന്നത് എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് മിക്കവാറും ചെയ്യുന്നുണ്ട് എല്ലാ വ്യാഖ്യാതാക്കളും ഈ വ്യാകരമ പ്രശ്നോടൊക്കെ നടക്കുന്നു അപ്പൊ ഇതിൽ പറയുന്ന അത് പറയും പക്ഷേ പൊതുവെ മനസ്സിലാക്കേണ്ട മഹാഭാരതവും രാമായണമോ എന്നുള്ള പ്രതികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ എന്തെങ്കിലും കാളിദാസം പോലും പണിനിയുടെ വ്യാകമോ കൃത്യമായി പാലിക്കുന്നില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയെങ്കിലും ഏറ്റവും വിചിത്രമായ കാര്യം പാണിനിയുടെ സൂത്രങ്ങളിൽ പോലും പാണിനിയുടെ നിയമങ്ങൾ പാലിക്കുന്നില്ല അതിനുള്ള വേദന പഠിപ്പിച്ചപ്പോൾ ഞാൻ കാണിച്ചു പല ശത്രുക്കൾക്ക് പാണിനിക്ക് പോലും പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യം പറയാം ഒരു സാമാന്യമായ ഒരു നിയമം ഭാഷയിൽ ഭാഷയെ നിറഞ്ഞൊരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നതെന്നും ഒരു സമൂഹത്തിൽ പ്രചരിക്കുന്നതാണ് അപ്പോൾ ആ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യർ പ്രയോഗിക്കുമ്പോൾ ആശയവിനിമയത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകാൻ വേണ്ടി ഭാഷയ്ക്കൊരു സാമാന്യ സ്വഭാവം ഇത്രയും സാധിക്കും ഭാഷ കൃത്യമായി പ്രയോഗിക്കാൻ നടക്കുന്നതായിരിക്കും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ വേറെ പറയുന്നുണ്ട് അങ്ങനെ പ്രയോഗിച്ചവണമൊന്നും ഭാഷ വഹിക്കുന്നതായിരിക്കും പ്രയോഗിച്ചിട്ടില്ല ഗീതയിലൂടെ മാത്രം ഇനി വരുന്ന ഒരുപാട് ഭാഗങ്ങളും പാണ്യയുടെ നിലത്തിനത് അശ്വച്ച മഴ രീത പാണ്യഭേദാണ് അപ്പൊ അവരുടെയൊക്കെ ആരൊക്കെ നിയമം അനുസരിച്ചാണെങ്കിലും അവർക്ക് പലതും നഷ്ടപ്പെട്ടു പോയി മഹാഭാരതത്തിന്റെ കാലഘട്ടം തീരുമാനിക്കുന്നത് ആധുനിക ചിന്തകന്മാർ പറയുന്നതിനോടാണ് എനിക്ക് കൂടുതൽ യോജിപ്പ് കാരണം എന്താണ് ദീർഘകാലം കൊണ്ട് പല പണ്ഡിതനും മൺകൂട്ടിച്ചേർത്ത് ഒന്നാക്കിയാണ് നല്ലൊരു സമ്പ്രദായവാദി അല്ലാത്തതുകൊണ്ടും എനിക്ക് ആരോടും ബാധ്യതയില്ലാത്തതുകൊണ്ടും കുറച്ചും കൂടെ സത്യസന്ധമായി അഭിപ്രായം പറയാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോ അത് എന്താണ് കോമ ഒരു രണ്ടാം നൂറ്റാണ്ടിലോ മൂന്നാം നൂറ്റാണ്ടിലോ ഒക്കെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ മുമ്പോട്ട് പോയി മൂന്നാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലൊക്കെ പിന്നീട് ആയിരിക്കണം അത് ഏതെസ് ചെയ്യുമ്പോൾ വന്നത് അങ്ങനെ ഉം പണ്ടിയുടെ കാലത്തും ബാളിന്റെ കാലവും പറയുന്നത് രണ്ടാം നൂറ്റാണ്ടും മൂന്നാം നൂറ്റാണ്ടെന്നൊക്കെയാണ് പറയുന്നത് പൊമ്മണിറങ്ങുന്നുണ്ട് സീകരി അപ്പോ ആ കാലഘട്ടത്തിൽ കാണും എന്ത് അതിനുശേഷവും വന്നിരിക്കും നമുക്കത് കൃത്യമായി പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു ഇത് ഒരാളെല്ലാം എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പച്ചയ്ക്ക് തെല്ലുന്ന ആൾക്കാർ ഈ മലയാളം ഞാൻ പറയുന്നു വിചാരിച്ച് നിങ്ങൾ ഒന്നും പറയരുത് കാരണം ഞാൻ പറയുന്ന നഷ്ടബോധം ഇല്ലാത്തവന ഒന്നൊന്നും ഇനിയൊന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തവനാണെങ്കിലും പറയാം നിങ്ങൾക്ക് പറയാൻ നഷ്ടപ്പെടാൻ അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ ചോദിച്ച് പറയും പുറത്തിറങ്ങി പറയും മനസ്സിലായി സമ്പ്രദായത്തിൽ എന്താണ് വേണ്ടിവന്നവർ പറയും ഒറ്റ എന്താണ് പെരുട്ടി വെളുത്തും മഹാഭാരത എഴുതി പൂർത്തിയാക്കിയിരുന്നു അതേ അങ്ങനെ പറയാൻ പഠിക്കാത്ത വ്യാകരണത്തെ സംബന്ധിച്ചൊന്നും ആ സമ്പ്രദായത്തിൽ മറുപടി എന്ന് പറഞ്ഞു പറയാൻ പറ്റും പാണിനി വേണമെങ്കിൽ പാമ്പൾ ഇറങ്ങുമ്പോ രണ്ടാം നൂറ്റാണ്ടിലോ മൂന്നാം കണ്ണവരിത്തെ ഒക്കെ കാലം പറയുന്നത് എന്താണ് പതിനയ്യായിരം വർഷം ഇരുപതിനായിരം വർഷം ഒക്കെ മുമ്പേ ഇതൊക്കെ പണിക്കാൻ തുടങ്ങി എന്നാ പറയും മഹാഭാരത കാലമൊക്കെ പതിനയ്യായിരം വർഷം മുമ്പേന്ന് പറയുന്ന സമ്പ്രദായമാണ് എന്ന് പറയുന്നത് അതും മനുഷ്യനെ അച്ചടക്കും പരിപാടിയൊന്നും ഇല്ലാത്ത കാര്യം കൃഷി ചെയ്യാൻ പോലും മനുഷ്യൻ പഠിച്ച പഠിക്കാത്ത കാരണം മനുഷ്യൻ പതിനായിരം വർഷം കൃഷി ചെയ്യാൻ പഠിക്കും ഇതിന്റെ തന്നെ ആ കാലത്ത് അവർ പറയുന്ന ആൾക്കാർ മനുഷ്യപരിണാമത്തെക്കുറിച്ചും ബോധമില്ലാത്ത ആൾക്കാർ അതിനെക്കുറിച്ചും ബോധമുണ്ട് ഭാഷയുടെ ജനങ്ങളെ കുറിച്ച് ആ അതിനെ കുറിച്ചൊന്നും ഞാൻ ബോധമില്ലാത്ത ആൾക്കാർ അശ്വതി ശോഭ്യ അധ്യനിരയിലാണ് അധ്യയനം കുറച്ച് വ്യാപനം പഠിച്ചിട്ടുള്ള മനസ്സിലാക്കി പിന്നെ വേറെ രസമുണ്ട് ഭാഷ വർത്തമാന വിപരീശ്യ ആഹാരം അത് മാത്രമല്ല പ്രജ്ഞാവാദാം ഭാഷ തേ അതിലട്ട വർത്തമാന പ്രയോഗമാണ് കൂടെയെങ്കിലും തൊട്ടവ് ഭൂതകാലം ഇപ്പം വർത്തമാനം പറയും അതുവഴി വിരോധം വരുന്നതാണ് വർത്തമാനർത്ഥ വ്യപദേശ വൈകുന്ന അനുശോചിച്ചത് അതുകൊണ്ടാണ് അന്വേഷണങ്ങളിൽ എന്ത് ചെയ്യുന്നു ത്വം അനുശോചിച്ച് അനുശോചിച്ച സീ വർത്തമാനത്തെ ഇതാക്കിയത് അദ്ദേഹത്തിനേവ ചില അനുമർത്ത വിപക്ഷ ഇപ്പോ ഈ ദുഃഖം എന്ന് പറയുന്നത് ഇപ്പോ ആണ് പക്ഷേ ഇത് കുറെ കാലമായിട്ട് തുടങ്ങി ചില അനുവർത്തത്വം ആ വിപക്ഷയിലാണ് ഇവിടെ ലങ്ക് പ്രയോഗിക്കുന്നത് ഇത് ചോദിക്കും ഇപ്പോഴാണ് ദുഃഖം എന്ന് ചോദിച്ചാൽ മുമ്പില്ലായിരുന്നു പിന്നെ വർത്തമാന കാലത്തിലോ അങ്ങനെ വേണ്ടല്ലോ അതിൻ്റെ ദുഃഖം ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ടാണ് ഉപസർഗം ചെയ്തതെന്നാണ് അനുശോചന ചെയ്യുന്ന അനു എന്നു പറയുന്ന എന്താണ് അത് തുടർച്ചയെ കാണുകയാണ് ദുഃഖം കുറച്ച് മുമ്പേ തുടങ്ങി ഇപ്പോഴും കൊണ്ടു വളരെ സൂക്ഷ്മമായ ഒരു അർത്ഥം പറയും എത് വർത്തമാന അർത്ഥ ഉപഗ്രഹ ഇത്യാദിന അങ്ങനെ എന്തെങ്കിലും പറയാം എന്താണ് പണിനിയുടെ ഒരു സൂത്രമുണ്ട് വ്യത്യോ ബഹുള നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ഛാന്തസപ്രകടനത്തിൽ വരുന്നതാണ് നമ്മുടെ ഭക്ഷ്യതാരങ്ങൾക്കൊരു സമാധാനം പറയുന്നുണ്ട് ഇതിനെല്ലാത്തിനും കൂടെ ചേർത്താണ് സുപ്തി ഉപഗ്രഹ ലിംഗനരാണ കാല പത്രിയ സോഭിജ സിദ്ധതി സിദ്ധതി ബാബുളീഹ എന്ന് പറയുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട കാര്യമില്ലാത്ത കഴിഞ്ഞാൽ വ്യാകരണ ക്ലാസ്സിലേക്ക് പോകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേക എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ബഹളം എന്ന് പറഞ്ഞിരിക്കുന്നത് പണി പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങൾക്കും വേദത്തിന് വ്യത്യാസം വരാം സുപ്പ് തിങ് എന്നുവച്ചാ സുപ്പിന്റെ സ്ഥാനത്ത് തിങ് ഉപയോഗിക്കാം തിങ്ങിന്റെ സ്ഥാനത്ത് എന്താണോ ഉപയോഗിക്കാൻ ഉപഗ്രഹവും ഇല്ല ആത്മരേഖത പരസ്പര അതിലങ്ങ് വ്യത്യാസം ആത്മനമൂലം പ്രയോഗിക്കുന്നു ഇങ്ങനത്തെ പരിസ്ഥേദം പ്രയോഗിക്കും പക്ഷേ ഇന്നത്തെ സൂത്രകാരം പറയുന്നത് വേദത്തിന് എഴുതിയിട്ടാണ് ഭാഷ്യകാരം പറയും പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത് വേദമല്ലോ അതിന്റെ വേദമായി അംഗീകരിക്കില്ല എന്നാലും എങ്ങനെയാണോ ഛന്ദോപൂത്രാണി ഭൗതി എന്ന് പറഞ്ഞിരിക്കുന്നത് ആശപ്രയോഗങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു വേദത്തെ പോലെ പരിഗണിക്കുന്നു അതുകൊണ്ട് ഇത് വ്യാസ നിർമ്മിതമാണ് അതുകൊണ്ട് ഇതും എന്താണ് നാഷപ്രയോഗമാണ് ആ നിയമങ്ങളെല്ലാം ഇവിടെ ഈ പ്രായോഗികമാക്കാം അതുകൊണ്ട് ഏത് നിയമങ്ങളും എന്ത് ചെയ്യുക മഹാഭാരതത്തിൽ എത്തിക്കാനുള്ള ലൈസൻസ് ഒരു നിയമവും പറയും അങ്ങനെ ഇവിടെ വർത്തമാനത്തിനുള്ള സുപ്തി ഉപഗ്രഹം സുപ്തിങ് ഉപഗ്രഹം നിങ്ങൾക്ക് കാലതല സ്വര കറുത്ത എങ്ങാമ വ്യക്തിയച്ച വ്യക്തിയൊന്നിച്ച മാട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറിവ് എല്ലാം വരോ അതിനാണ് ശാസ്ത്രീയം അതുകൊണ്ട് എവിടെയെങ്കിലും വ്യാപന വിരുദ്ധമായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഛന്തോപത് അതായത് ശാന്തസമായി വിചാരിച്ച് നമ്മളങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല നമ്മൾ പ്രയോഗിച്ചാൽ മൂടാരം ല കാരം ഇതിന്റെ കാരത്തിന് മാറ്റം ഒന്നാണ് നേരത്തെ പറഞ്ഞ അതിൽ എന്താണോ തെറ്റുവന്നു കഴിഞ്ഞാൽ അതൊരു തെറ്റുപറ്റിയാണെന്ന് പറയുന്നില്ല മറിച്ച് എന്ത് ചെയ്യുന്നു അതിനായി അതും ശരിയാണോ അതുകൊണ്ട് പാണ്ഡ്യൂട്ടം ഉണ്ടാക്കി കത്തിയോ കെത്തിയോ എന്ന് വെച്ചാൽ മാറ്റം എല്ലായിടത്തും മാറ്റം പക്ഷെ ഇത് എവിടെ ഇവിടെ നിന്ന് മാറി അതുകൊണ്ടാണ് ഈ വേഗം എന്തൊരു സമയം ഏതൊരു ഭേദവാക്യത്തെ എടുത്തിട്ട് എന്താണ് അതിന് ഇന്ന അർത്ഥം ഞാൻ പറയാവോന്ന് ഒരു നിർബന്ധം പിടിക്കാൻ പറ്റില്ല കാരണം അതിലൊരു നിയമവുമില്ല എന്തുകൊണ്ട് അത് ആദിവാസികളുടെ ഭാഷയാണ് ആദിവാസികൾ പ്രയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ് ഇത് പറയുന്നത് മാത്രം എന്നോട് ദേഷ്യം വരുന്നത് എന്തുകൊണ്ട് അവർ ഒരു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നത് നമ്മുടെ പൂർവീകരുന്നാലയ അവർ ആദിവാസികളായിരുന്നു അവർ നാടോടികളാണ് വേട്ടയാടി ജീവിച്ചവരാണ് കൃഷി ചെയ്ത് ജീവിച്ചവരാണ് അപ്പോൾ അവരുടെ എന്താണ് ദുഃഖവും സന്തോഷവും നിരാശയും ഭയവും എല്ലാം വെളിപ്പെടുത്തിയ പാട്ടുകളാണ് അവർ അതിൻ്റെ ഇടയിൽ ചില ചിന്തകന്മാരുണ്ടായിരുന്നു അത് എല്ലാ കാര്യത്തിലാണോ എന്ന് വേണം എന്നെ മനസ്സിലാക്കാൻ അല്ലാതെ എന്താണ് അല്ലാതെ അവര് പറയുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് മറ്റും പറയുന്നത് അതങ്ങനെ വന്നാണ് സ്വർഗത്തിൽ ഇറക്കി അതുപോലെ ഒരു ഏകമെന്ന് നിങ്ങൾ അവരുടെ തന്നെ തരത്തിലാണ് പോവുകയാണെന്നുള്ള ഗതികേട് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നു നിങ്ങളും അവരെ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടേ നിങ്ങൾ വലിയ പണ്ഡിതന്മാരും എന്താണ് ബുജികളോ എന്ന് തന്നെ പറയുന്നു ബുജ്ജികളെന്ന് പറയുന്നത് ഇന്നത്തെ പിള്ളത്ത് പറയുന്ന ഭാഷയാണ് ബുദ്ധിജീവികളെന്നാണ് എന്റെ അർത്ഥം എനിക്ക് പരി ചെറിയ പയ്യാണ് അങ്ങനെ കമ്പ്യൂട്ടറിന്റെ മൊബൈലിലും ഒക്കെ വലിയ ഇന്നത്തെ പിള്ളേരുന്നോട് പറയും സ്വാമി വലിയ ബുദ്ധിയാണെന്നുള്ളൊരു കാരണം സ്വാമി ഒരു വിവരമില്ല ഇതെങ്ങനെ ചെയ്യാകുമോന്നറിയില്ല അവരുടെ കാര്യങ്ങൾ ഒരാൾ ബുദ്ധിജീവണം ഈ മൊബൈല് എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടറിലെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയണം അല്ലാത്തവരൊക്കെ അവരെ ദൃഷ്ടിയിൽ മണ്ടന്മാരാണ് ബുദ്ധിജീവികൾ മാറിക്കൊണ്ടിരിക്കണം ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞത് നിയമങ്ങളെല്ലാം അങ്ങനെയാണ് എനിക്ക് പ്രജ്ഞാവാദാംസ ഭാഷ നടക്കുകയാണെങ്കിൽ എനിക്ക് എത്ര വർത്തമാന സാമീപ്യം വർത്തമാനോദ്ഭാവിക്ക് അനുശാസനം ഭൂതേതം എന്തിനും നിയമമുണ്ട് ഭാഷ വർത്തമാന സമയം വർത്തമാനവും ഭൂതകാലത്തിലും ഭാവി കാലത്തിലും പ്രയോഗിക്കാം ലട്ട് അത് കുഴപ്പമൊന്നും അല്ല കഥാകേശ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാര്ത്ഥം ഭാവി എപ്പോഴും പോകുന്നുള്ളതാണ് നമ്മുടെ വർത്തമാനം അല്ല മനസ്സിലായത് കഥാപിത്സരിച്ചാൽ ഈ നാളെ എത്ര തുടങ്ങുന്നതാണ് അങ്ങനെ പ്രയോഗിക്കാൻ തെറ്റൊന്നും ആ കൊണ്ട് എല്ലാ ഭാഷയിലും മനുഷ്യന്റെ സാധാരണ മനുഷ്യന്റെ വേണ്ടിയിട്ട് ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ കർശനമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ട കാര്യം പിന്നെ അത് രണ്ടു തരത്തിലാണല്ലോ ഒന്ന് സംസാര ഭാഷ മറ്റൊന്ന് സാഹിത്യഭാഷ സാഹിത്യഭാഷകളൊക്കെ കുറെ നിയമങ്ങൾ പാലിക്കുന്നു എല്ലാം ഭാഷകൾ ഭംഗി സംസ്കാര ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട് അങ്ങനെ പറയാം തൂഷ്ണിയും ബബൂഹ വിരോധ നേരത്തെ എന്താ പറഞ്ഞ ബബുവ തൂഷ്ണിയും ബബുവ ഏത് കാലമാണ് ഭൂതകാലമാണ് ബബുവ െല്ലാം കൂടെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ചൂടാ ചൂട് വർത്തമാനം ഭൂതം വീണ്ടും ഭൂതം ഇതെന്താ ഇതൊന്നും ഒരു നിയമവും ഇല്ല ഒരു വ്യവസ്ഥയില്ലേ ഇതൊക്കെ തന്നെയാണ് വ്യവസ്ഥങ്ങളെല്ലാം പരിഹരിച്ചിട്ട് എന്താണ് ഓരോരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് വിരോധങ്ങളെല്ലാം പരിഹരിച്ചിരുന്നു അപ്പോ ഇത് ഏറ്റവും നല്ല വഴി എന്താണ് ആ കാലഘട്ടത്തിൽ അതിനുള്ള നിയമങ്ങളൊന്നും ആരും പാലിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ സംഗതി എളുപ്പമാണ് അത്ര പ്രകൃഷ്ടജ്ഞാനവാങ്ങന പ്രജ്ഞാനശക്തേന ദേഹാക്രമം സ്വഭാവജ്ഞാനം ഇച്ഛരേ ഇവിടെ വന്നു പ്രജ്ഞാവാദ പ്രജ്ഞാന്ന് പറഞ്ഞാൽ പ്രകൃഷ്ടമായ ശ്രേഷ്ഠമായ ആ ശബ്ദം കൊണ്ടെന്ത് മനസ്സിലാക്കണം ദേഹാത്മ സ്വഭാവം ദേഹത്തിന്റെ ആത്മാവിന്റെയും സ്വഭാവത്തെക്കുറിച്ചടങ്ങാണ് എന്നുവെച്ചാൽ ദേഹം നശിക്കുന്നതാണ് ആത്മാവ് നിത്യമാണ് സമാസാർത്ഥ വ്യഞ്ജനായ നിമിത്ത ദേഹാത്മസ്വഭാവം പ്രജ്ഞാനിമിത്ത പ്രജ്ഞാനിമിത്തമായിട്ടുള്ള സംഭാഷണം ആ സംഭാഷണത്തിന് നിമിത്തം എന്താണ് നിമിത്ത കാരണം പ്രജ്ഞ അപ്പൊ അങ്ങനെ നിമിത്തശുദ്ധ എവിടെ നിന്നു പറയൂ പ്രജ്ഞായവഹാരം വിഗ്രഹിക്കണം പ്രജ്ഞയ പ്രജ്ഞയാവഹാര പ്രജ്ഞാവാദര് മധ്യമപഥലി സമാസമാണ് ആ പദം ലോഹിച്ചു അപ്പൊ പ്രജ്ഞ വ്യവഹാരം അല്ലെങ്കിൽ പ്രജ്ഞാശബ്ദത്തിന് ലാക്ഷണീയമായി പ്രജ്ഞയാകട്ടെന്നുള്ള ഒരു അർത്ഥം നമ്മൾ കേൾക്കും ഈ പറഞ്ഞ വ്യാഖ്യാത ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മരുന്ന് കേൾക്കുക അപ്പൊ പ്രജ്ഞ കൊണ്ടുള്ള എന്താണ് വ്യവഹാരം പറയുമ്പോൾ സംഭാഷണവും പ്രവർത്തിയെല്ലാം വരും സംഭാഷണം േഹാത്മഭേദാനി പിണ തദർത്ഥിഡോതായ തോകനിമിത്ത പ്രത്യമായ വിശ്വാസപൂർവ്യവഹാരേ ജയസൂചനായ പതന്തി ഉപാത്തം ഇവിടെ ഒരു പ്രധാന അപ്പോ ശരി നമ്മള് വിശ്വാസികളോട് സംസാരിക്കും എന്താണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസം അല്ലെങ്കിൽ എന്താണ് അവരുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലൊന്നും പറയാൻ പറയുന്നത് അന്ധവിശ്വാസമാണെങ്കിൽ തിരുത്തേണ്ട ആവശ്യം അല്ല അവരുടെ വിശ്വാസം ശരിയാണെങ്കിൽ അതിനെ തകർക്കുന്ന രീതിയിലൊന്നും പറയാൻ പറയുന്നു വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്താണ് വിശ്വാസം കക്ഷാഭാഗം ബാധിച്ചത് മനുഷ്യന്റെ കൂടുകൂടിയ വിശ്വാസം അതിന് തട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു നാം പറഞ്ഞു അതുപോലെയാണ് വിശ്വാസം കാരണം വിശ്വാസം എന്ന് ദുർബലനായ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു അവലംബമാണ് ആ ഒരു ആശ്രയമാണ് ആ വിശ്വാസത്തെ നമ്മൾ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം കൊടുത്താൽ എന്താണുള്ളത് ആ ഊന്നോടിക്ക് പകരം എന്തെങ്കിലും നമ്മുടെ കൈ കൊടുക്കാൻ അപ്പൊ ആ വിശ്വാസമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ ദുർബലമായ ഒരു അവസ്ഥയ്ക്ക് ആ വിശ്വാസം എന്ന് പറയുന്ന ഒരു ഊന്നോടി പോലെ അയാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടികള പിന്നെ ഇതിന് ഇതിന്റെ ഒരു വശം മാത്രം വേറൊരു വശമുണ്ട് എന്താണോ ഈ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം ദൗർബല്യമാണെന്ന് മനസ്സിലാക്കിയാൽ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക അതായത് മറുവശമാണ് അപ്പൊ നമ്മള് വിശ്വാസത്തെ അല്ല ചോദിക്കുന്നത് എന്താണോ വിശ്വാസ ചൂഷണം മതങ്ങളൊക്കെ ചെയ്യുന്നതാണ് മതങ്ങളെല്ലാം സദാ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവര് വിശ്വാസത്തെ എന്ത് ചെയ്യുന്നു അവര് ചൂഷണം ചൂഷണമെങ്കിൽ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ അധികാരത്തിനും എല്ലാം വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വിശ്വാസത്തെ അവരെ നിർലോഭമായി മതമേലധികാരികൾ പുരോഹിതന്മാരൊക്കെ ഉപയോഗിക്കുന്നു അവിടെ ആ പ്രശ്നം അതുകൊണ്ട് ഇത് അവരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോ എന്താണ് ഒരു ഭാഗത്തിലൂടെ എന്താണ് ദുർബലരായ മനുഷ്യ വിശ്വാസികളെ എന്താണ് നശിപ്പിക്കാതിരിക്കാനും വേറൊരു ഭാഗത്തൂടെ എന്താണോ വിശ്വാസ ചൂഷകന്മാരുടെ തനി നിറം പുറത്തു കാണിക്കാൻ രണ്ടും രണ്ടും ചെറിയ ആവശ്യം വിശ്വാസം എന്നതിൽ എന്ത് അടിച്ചേൽപ്പിക്കാൻ പറയും ആവശ്യമില്ല വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ വലിയൊരു ബലമാണ് അവനം ഉൾപ്പെട്ടിരിക്കുന്നതിനും അവന്റെ ജീവിതത്തിൽ അവന് മുന്നോട്ട് പോകുന്നതിനും വിശ്വാസം ആവശ്യമാണ് അതാ അവന്റെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നതായിരുന്നു അതേസമയം വിശ്വാസം തന്നെ ചെയ്യുന്നു അവൻ ആജീവനാന്തം അവന് അംഗമായ അടിബന്ത്രത്തിൽ തളക്കടുകയും ചെയ്യും ചില അതിർം വരമ്പുകളും വേർതിരുകളും ആവശ്യമാണ് വേർതിരിച്ചറിയേണ്ടതും ഉണ്ട് അതുകൊണ്ട് എന്താണ് വിശ്വാസത്തെ ഇതാണ് നിരീശ്വരവാദികൾ മനസ്സിലാകാത്തവര് കാര്യം നിരീശ്വരവാദികൾ നിരന്തരം മനുഷ്യനെ വിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും ശരി അവര് പറയുന്നത് എന്താണോ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നത് ശരി പക്ഷേ അവരെന്താ ചെയ്യുന്നത് ഒരു മനുഷ്യന് ആവശ്യമുള്ള വിശ്വാസങ്ങളെയും അവർ അന്ധവിശ്വാസത്തിന്റെ എന്നിട്ട് അതിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവന് പകരം കൊടുക്കാനുള്ള ഒന്നും ഇവരുടെ കയ്യിലില്ല എന്തുകൊണ്ട് ഈ വിശ്വാസിയുടെ ബ്രെയിൻ വേറെയാണ് ഇതിനെ നിഷേധിക്കുന്നവന്റെ ബ്രെയിൻ വേറെയാണോ ഇതാണ് എന്റെ വ്യത്യാസം എനിക്ക് ഒരു വിശ്വാസത്തെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞേക്കാം പറയുള്ളുഹരമായിട്ട് പറയുള്ളു പക്ഷെ എന്റെ കൂടെ എന്നെ പോലെ അതിന് ജീവിക്കുന്ന വേറൊരു മനുഷ്യനും അതിന് കഴിഞ്ഞെന്ന് വരത്തില്ല അവന് അവന് ദോഷം ചെയ്യാത്ത അവനെ തന്നെ സഹായിക്കുന്ന ചില വിശ്വാസങ്ങൾ അവനാവശ്യം കഴിഞ്ഞു ആ വിശ്വാസത്തെ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അപ്പോ എന്താണ് ഒരു വിശ്വാസം അവന്റെ ജീവിതത്തിൽ അതിനൊരു സഹായകമായ അതിനെ തട്ടിക്കളയേണ്ട ആവശ്യം അതവന്നോടിയാണ് പക്ഷെ ഇവനിങ്ങനെ ഒരു മൂന്നോടി നൽകുന്നവനാണ് എന്ന് കരുതി അവനെന്താണ് അവിശ്വാസത്തിന്റെ പേരിൽ അവനെ ചൂഷണം ചെയ്യാനും പാടില്ല അപ്പൊ ഇത് നിരീശ്വരവാദികൾക്ക് യുക്തിവാദികൾക്കൊന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഞാൻ ചില യുക്തിവാദികളോട് നേരിട്ട് സംസാരിക്കുകയും അവരികാര്യം അംഗീകരിക്കുകയും ചെയ്താണ് അതിന്റെ ഒരു പ്രയോജനം യുക്തിവാദികൾക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് യുക്തിവാദികളുടെ ഏറ്റവും വലിയൊരു നേതാവ് ഇന്ന് അറിയപ്പെടുന്ന യുക്തിവാദിയാണ് അവര് റിച്ചാർഡ് ഡോക്കിൻസ് കേട്ടിട്ടുണ്ട് പുള്ളിയിരുന്നില്ല ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യാനിയാണെന്നോ പുളി ഒരു കടുത്ത നിരീശ്വരവാദിയാണ് പുള്ളിക്ക് പറയണ്ടോ എന്താണ് ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ജീവകാലമുള്ള നിരീശ്വരവാദത്തിനും യുക്തിവാദത്തിനും വേണ്ടി സംസാരിച്ചയാൾ അവസാനം എന്തായി കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് പരിസരബോധമുണ്ടാക്കുന്നുണ്ടെന്ന് അറിയുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ വലിയ ചർച്ചയായി ഈശ്വരവിശ്വാസികളെല്ലാം ചാടിയു കണ്ട പുള്ളി ഞങ്ങളുടെ പക്ഷത്തിൽ കാര്യങ്ങൾ അവരുടെ പക്ഷത്തിൽ ഇറങ്ങിയല്ല പുള്ളി ആ വിശ്വാസത്തിന്റെ എന്താണോ വിശ്വാസം പറയുന്ന മനുഷ്യ അതിന്റെ പുള്ളി പറഞ്ഞപോലെ എന്താണോ പറഞ്ഞ ഞാൻ കൾച്ചറൽ ക്രിസ്ത്യാനിയാണല്ലോ അതിന്റെ ഒരു സാംസ്കാരികമായൊരു വശമാണ് അത് മനുഷ്യന് ബലം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ നേരെ ലയില്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന് അതല്ലാതെ അവന്റെ മുമ്പിൽ മറ്റൊരു പോം വഴിയില്ലെങ്കിൽ അതിനെ തട്ടിക്കളയേണ്ട ആവശ്യമില്ല താൻ ചെയ്തതിന് പോരായ്മയുണ്ടെന്ന് പുള്ളിക്ക് തിരിച്ചറിവട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് പുതിയൊരു വലിയ ചിന്തകനാണ് അത് നല്ല മനുഷ്യനാണ് പക്ഷേ പുള്ളി ജീവിതകാലത്ത് മുതുകുവാൻ വിമർശിച്ചത് ക്രിസ്തു മതത്തെയാണ് പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ മതങ്ങളെ കുറിച്ചുള്ള പൊളികളെ ദീർഘമായ വിമർശിച്ചു ക്രിസ്തു കൂടി വിമർശിച്ചില്ല ഒരാളും ഒരു കത്തപ്രവർത്തകം ചോദിച്ചത് ഞങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം മതത്തെ വിമർശിച്ചില്ല എനിക്ക് പേടിയാണ് ഇപ്പോഴും പുള്ളി പറയുന്നത് ആ പേടിയിൽ ഉണ്ടായ കാര്യമാണ് അതിന് അതിലെങ്കിലും കണ്ടിരിക്കുന്നതാണ് അങ്ങനെ വലിയൊരു മറ്റൊരു വിഷയമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് വിശ്വാസത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്താണ് ഈ നിരീശ്വരവാദയും യുക്തിവാദികളൊക്കെ കഴിയാത്തടത്തോളം കാലം ഇവരുടെ ഇതൊക്കെ ഒന്നുകിൽ വനരോധനമായി കലാശിച്ചു അല്ലെങ്കിൽ കൂടെ മനുഷ്യരെ വഴിയിലേക്ക് വേറൊരു സംഭവിക്കും വിശ്വാസം എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെയും നിക്ഷേപിക്കും അവര് പ്രധാനമായിട്ട് അവര് പറയുന്നത് ഈശ്വര വിശ്വാസം മതസംബന്ധിയായിട്ടുള്ള വിശ്വാസം പ്രാചീനമായി പാരമ്പര്യമായി നമ്മളറിയാതെ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട എല്ലാത്തരം വിശ്വാസം നിക്ഷേപിക്കും por todo o semestre